ത്തിന് മഹത്വം ഭയപ്പെടുത്തുന്ന അനിശ്ചിതമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സങ്കീർത്തനങ്ങളിലൊന്ന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനമാണ് ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൽ മൊത്തം ആറ് വാക്യങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കഴിയുമ്പോൾ ഇതാ ഒരു കൂരരുൾ താഴ്വരയെ കുറിച്ച് കുറിച്ച് അവിടെ പറയുന്നു കൂരിരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് ദാവീദ പറയുകയാണ് ഇവിടെ ദാവീദ് ഈ സങ്കീർത്തനം തൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് എഴുതുന്നത് ദാവീദിനെക്കുറിച്ച് നമുക്കറിയാം തൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഇസ്രായേൽ പട്ടാളത്തിൽ ഭേദപ്പെട്ട നിലയിലെ ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ കുറച്ച് ആടുകളുമൊക്കെ ആയിട്ട് അപ്പൻ്റെ കുറച്ച് ആടുകളുമൊക്കെ ആയിട്ട് അതിനെ തീറ്റി നടന്ന ഒരു ബാല്യവും കൗമാരവും ഒക്കെയാണ് ദാവീദിനുള്ളത് ഒരർത്ഥത്തിൽ മറ്റു ജ്യേഷ്ഠന്മാരെ പോലെ ഒരു മിടുക്കോ സാമർഥ്യമോ ഇല്ലാത്ത ഒരാളായിട്ട് ഒരു പയ്യനായിട്ട് ദാവീദ് അന്നവിടെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ട് നടക്കുമ്പോൾ തൻ്റെ ജീവിതം അങ്ങനെ ആടുകളെ മേയിച്ച് നടന്ന ആ കാലഘട്ടത്തിൽ താൻ അനുഭവിച്ചതും അറിഞ്ഞതും ഒക്കെ ചേർത്താണ് ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ദാവീത് രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു പശ്ചാത്തലവും യാഥാർത്ഥ്യങ്ങളുടെ ഒരു ചൂടും ചൂരുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ സങ്കീർത്തനം പലരുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് ആയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തനത്തെ പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ നമ്മൾ ഉദ്ധരിച്ച ആ വാക്യം ഇരുപത്തി മൂന്നിൻ്റെ നാലാമത്തെ വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ യു വിൾ ഫോർ യു ആർ വിത്ത് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത് എന്ന് വെച്ചാൽ കുരിയൽ താഴ്വര എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മരണനിഴലിൻ്റെ താഴ്വര മരണം അതിൻ്റെ നിഴല് വീണ് കിടക്കുന്ന താഴ്വരയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീത പറയുന്നു മരണത്തിൻ്റെ നിഴല് വീണ് കിടക്കുന്ന ഒരു താഴ്വര ഇത് പറയുമ്പോൾ അന്നത്തെ ഇസ്രായേലിൽ യഹൂദ നാടുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഇടയന്മാർ സാധാരണ ആടുകളെ ഒരു നല്ല മേച്ചിൽ പുറമുള്ള ഒരു മലമുകളിലോ ഒരു മലയുടെ ഓരത്തോ അവർ കുറേ നാളെ തീറ്റിപ്പോറ്റും അവിടുത്തെ പുല്ല് ഏറെക്കുറെ തീർന്നു കഴിയുമ്പോൾ അവർ മറ്റൊരു കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു മേച്ചിൽപ്പുറത്തേക്ക് ഈ ആടുകളുമായിട്ട് ഇടയൻ യാത്ര ചെയ്യും ഈ രണ്ട് മേച്ചിൽപ്പുറങ്ങൾക്കും ഇടയിൽ ഒരു താഴ്വര ആ താഴ്വരയിലൂടെ കടന്നാണ് ഒന്നാമത്തെ മേച്ചിൽപ്പുറത്തിൽ നിന്ന് രണ്ടാമത്തെ മേച്ചിൽപ്പുറത്തിലേക്ക് ഇടയൻ ആടുകളെ കൊണ്ടുപോകുന്നത് ഈ താഴ്വര എന്ന് പറയുന്നത് പലപ്പോഴും യാതൊരു ആൾ പെരുമാറ്റമില്ലാത്ത ഓ കുറ്റിച്ചെടികളും വൻവൃക്ഷങ്ങളും കാട്ടാറുകളും അപായപ്പെടുത്തുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള പേടികൾ നൽകുന്ന സാഹചര്യങ്ങളും ഉള്ളതാണ് ഈ താഴ്വര ഈ താഴ്വരയെ ഇതാ ദാവീത് മരണനിഴൽ താഴ്വര എന്നാണ് പറയുന്നത് ഈ മരണനിഴൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം നീ എന്നോടുകൂടെ യശിയാവിൻ്റെ പുസ്തകം നാല്പത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ കാണുന്നു അവൻ എന്ത് ചെയ്യുന്നു നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി എന്നാണ് ദൈവം അവിടെ പറയുന്നത് നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ നീ തീയിൽ കൂടി കിടക്കുമ്പോൾ യശിയാവിന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിന്റെ രണ്ടാമത്തെ വാക്യം ദൈവം നൽകുന്ന വാഗ്ദാനം നോക്കുക നീ നദിയിലൂടെ കടന്നിരിക്കും അഗ്നിജ്വാലയിലൂടെ കടന്നിരിക്കും പക്ഷെ ഞാൻ നിന്നോടുകൂടെയിരിക്കും ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ദാവീദനെയും ധൈര്യപ്പെടുത്തുന്നത് ദാവീദ് പറയുന്നു ഞാൻ കുരുര താഴ്വരയിൽ കൂടെ ഞാൻ രണ്ടർത്ഥവും ഭയപ്പെടുകയില്ല കാരണം നീ എന്നോട് കൂടെ എന്നാണ് ദാവീദ പറയുന്നത് ഇവിടെ ഈ സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത കണ്ടോ ദാവീത് ഇവിടെ ഒരു ഒരു ഇടയനായിട്ട് നിന്നുകൊണ്ടല്ല പറയുന്നത് താൻ ഒരു കാലത്ത് മേയിച്ചു നടന്ന ആടുകൾ ആ ആടുകളുടെ സ്ഥാനത്ത് തന്നെ തന്നെ അവരോധിച്ചുകൊണ്ട് തനിക്ക് ദൈവം തന്നെ മേയ്ക്കുന്ന ഇടയനായിട്ട് സങ്കല്പിച്ചു തന്നെ ഒരു ആടായിട്ട് കണ്ടുകൊണ്ട് ഒരു കാലത്ത് മേയിച്ച് നടന്ന ആടുകളുടെ അതേ സ്ഥാനത്ത് തന്നെ തന്നെ സങ്കല്പിച്ചു ദൈവമാണ് എൻ്റെ ഇടയൻ ഞാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂരരൽ താഴ്വരയിൽ കൂടി കടന്നാലും അവിടെ ഒരു പക്ഷേ ചെന്നായോ കരടിയോ ഒക്കെ തക്കം പാർത്ത് എന്നെ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും എങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം കാരണം എന്താ ഒരേ ഒരു കാരണമേ ഉള്ളൂ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ദൈവത്തെക്കുറിച്ച് പലപ്പോഴും രണ്ട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ ദൈവം ഓംനി പൊട്ടൻ്റാണ് സർവ്വശക്തനാണ് എല്ലാ പ്രാതികൂല്യങ്ങളെ നീക്കാൻ കഴിയുന്നവനാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് ഇതാണ് ദൈവത്തിൻ്റെ ഒരു പ്രകൃതം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അവിടുന്ന് ഓംനി എന്നാൽ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓംനി പ്രസൻറ്റാണ് അവിടുന്ന് എപ്പോഴും സദാസമയവും നമ്മോടൊപ്പം ഉണ്ടാവും പ്രസൻ്റ് ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങളിൽ ഇന്ന ക്രിസ്തീയ കോളത്തിന് ഏറ്റവും താല്പര്യമുള്ളത് ഏതാ ദൈവത്തിൻ്റെ ഓംനി പൊട്ടൻ്റായ ദൈവത്തെയാണ് അവർക്ക് വേണ്ടത് എന്നാൽ ഇവിടെ ദാവീത് ആട് പറയുന്നത് താന് ദൈവം ഓംനി പൊട്ടൻ്റായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും എന്നതിനല്ല ഇവിടുത്തെ ഊന്നൽ മറിച്ച് ഈ മരണത്തിൻ്റെ നിഴൽ വീണ് കിടക്കുന്ന ഈ താഴ്വരയിലൂടെ ഞാൻ കടക്കുമ്പോൾ നടക്കുമ്പോൾ അവിടെ ഓംനി പൊട്ടൻ്റായിട്ട് നീ ഉണ്ടല്ലോ എന്നുള്ളതല്ല ദാവീദിനെ ധൈര്യപ്പെടുത്തുന്നത് മറിച്ചെന്താ നീ ഓംനി പ്രസൻ്റായിട്ട് നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ നമ്മളും ഇന്ന് കടന്നു ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തെ എല്ലാം നിമിഷം കൊണ്ട് മാറ്റി തീർക്കാനായിട്ട് ദൈവത്തിന് കഴിയും കാര്യങ്ങൾ വ്യത്യസ്തമാക്കി തീർക്കാനായിട്ട് കഴിയും ദൈവം സർവശക്തനാണ് സർവ്വശക്തനായ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം പോലുമില്ല പക്ഷേ അങ്ങനെ സർവശക്തനായ ഒരു ദൈവമാണ് അവിടുന്ന് എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് മരണത്തിൻ്റെ നിഴൽ വീണ് കിടക്കുന്ന ഈ താഴ്വരയിലൂടെ ഭാവി എന്താകുമെന്നറിയാതെ അനിശ്ചിതത്വത്തിൻ്റെ ഓരോ ചുവടുവയ്പ് നടത്തുമ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് കൂടെ നമുക്ക് ബലമായിട്ടിരിക്കേണ്ടത് അവിടുന്ന് ഓംനി പ്രസൻ്റാണ് അവിടുന്ന് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവര് ദാവീദിനെ പോലെ നമുക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് അവിടുന്ന് നമ്മളെ തള്ളിക്കളയുന്നില്ല ഈ സാഹചര്യങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ് അവൻ എന്നുള്ള വലിയ ധൈര്യം നമ്മുടെ ഹൃദയങ്ങളെ പരിക്കട്ടെ ദൈവം നമ്മളെ ആ നിലയില് ആശ്വസിപ്പിക്കുന്നവനായി നമുക്ക് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയാം നമ്മൾ ഈ ദാവീത് കടന്നുപോയ അല്ലെങ്കിൽ ഈ നിലയിൽ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലെ ആ ആടുകൾ കടന്നുപോയ കൂരുൾ താഴ്വരയെക്കുറിച്ചാണല്ലോ ഇന്ന് ക്രിസ്തീയ ലോകത്ത് പലപ്പോഴും ഇന്ന് കൂടുതൽ പേരും സംസാരിക്കാറുള്ളത് എന്നാൽ അതുപോലെ തന്നെയുള്ള ചില താഴ്വരകളെക്കുറിച്ച് ബൈബിളിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മറ്റൊരു താഴ്വരയെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങളൂടെ ചിന്തിച്ച് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ നമ്മൾ ഹോഷിയയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹോഷയ ഒരു പഴയ നിയമ പുസ്തകമാണ് അവിടെ മറ്റൊരു താഴ്വര അതിൻ്റെ രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു താഴ്വരയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു അത് ഞാനിങ്ങനെ വായിക്കാം ആ വാക്യം ഹോഷയ രണ്ടിൻ്റെ പതിനഞ്ച് അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതലായി ാഴ്വരയെയും കൊടുക്കും ആഘോർ താഴ്വര ഇവിടെ ഇതാ മറ്റൊരു താഴ്വരയെക്കുറിച്ച് പറയുന്നു ഇത് ആഘോർ താഴ്വര എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആഘോർ താഴ്വരയിൽ പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്ന് ഇസ്രായേലിന് മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ ആ വാതിലും തുറന്ന് നൽകും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഹോഷിയ പ്രവാചകൻ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം നോക്കുക ഇസ്രായേലിൽ കടന്നു പോകുന്ന സാഹചര്യം വിഷമകരമായ സാഹചര്യമാണ് പ്രയാസങ്ങളുണ്ട് അവിടെ അവരോട് പറയുന്നു ഞാന് എന്തു ചെയ്യും ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും എന്ന് പറയുന്നു നോക്കുക നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ദൈവം ഈ ആഘോ താഴ്വര എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ ആഘോ താഴ്വരയെക്കുറിച്ച് നമ്മൾ കാണുന്നത് യോശുവായുടെ പുസ്തകം ഏഴാം അധ്യായത്തിലാണ് യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇതാ ആ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യോശുവായുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി നാല് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അവിടെയാണ് ആദ്യമായിട്ട് ബൈബിളില് ആഘോർ താഴ്വരയെക്കുറിച്ച് കാണുന്നത് നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ യോഷുവയും ഇസ്രായേലും എല്ലാം കൂടെ ആഘാൻ എന്ന് പറഞ്ഞ ഒരാളെ അവിടെ ആഘോ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയും അവനെയും അവൻ്റെ പുത്രന്മാർ പുത്രിമാർ അവൻ്റെ കാള കഴുത ആട് അവൻ്റെ കൂടാരം ഇതെല്ലാം അവിടെ കൊണ്ടുവന്ന് അവിടെ വച്ച് അവനെ കല്ലെറിയുകയും അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്ത് ഒരു വലിയ കൽക്കുന്ന കൂട്ടി അത് ഇന്നുവരെ ഇരിക്കുന്നു ഇങ്ങനെ യഹോയുടെ ഉഗ്രകോപം മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോ താഴ്വര ഇന്നുവരെ പേർ പറഞ്ഞു വരുന്നു എന്ന് നമ്മളവിടെ കാണുന്നു അപ്പം കണ്ടോ ഹോഷിയയുടെ പുസ്തകത്തിൽ രണ്ടാമധ്യായത്തിൽ ദൈവം പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുന്നത് ആഘോർ ഈ ആഘോർ താഴ്വരയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് ദൈവവചനത്തിലേക്ക് തന്നെ പോകുമ്പോൾ ഈ ആഘോർ താഴ്വരയെക്കുറിച്ച് നല്ല ഒരു ചിത്രമല്ല നമുക്ക് കിട്ടുന്നത് മറിച്ച് എന്താ കിട്ടുന്നത് അവിടെ ആഖാനേയും അവൻ്റെ കുടുംബത്തെയും അവൻ മോഷ്ടിച്ച മേലങ്കി പൊൻകട്ടി വെള്ളി തുടങ്ങിയ സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇസ്രായേൽ ജനം മുഴുവൻ അവരെ കല്ലെറിയുകയും തീയിലിട്ട് ചുട്ട് കളകുകയും അതിൻ്റെ മേലൊരു വലിയ കൽക്കുന്നുകൂട്ടുകയും ചെയ്ത അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ ആഘോർ താഴ്വരം ഏതാണ് ഈ ആഘാൻ ഈ ആഘാനോട് ഇസ്രായേലിൽ എന്തുകൊണ്ടാണ് യോശുവയും ഒക്കെ ഇത്ര കഠോരമായ ഒരു കാര്യം ചെയ്തത് നമ്മൾ യോശുവയുടെ പുസ്തകം നമ്മൾ നോക്കുമ്പം നമുക്കറിയാമല്ലോ യു യോശുവെയാണ് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുചെന്ന് ആ കനാൻ നാട് ഇസ്രായേലിന് സ്വന്തമാക്കി തീർക്കുന്നത് അവിടെയുള്ള ശത്രുക്കളെ ആ പ്രദേശത്ത് നിന്ന് നീക്കി അവരെ തോൽപ്പിച്ച് ആ പ്രദേശം പിടിച്ച് ഇസ്രായേൽ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും അവർക്ക് ലേവി ഒഴിച്ച് ബാക്കി പതിനൊന്ന് ഗോത്രങ്ങൾക്കും ആ നിലയിൽ അളന്ന് പി ആ നിലയിൽ സ്ഥലം വിഭാഗിച്ച് കൊടുക്കുന്നതൊക്കെ യോശിക്കുകയാണ് അങ്ങനെ സ്ഥലം വിഭാഗിച്ച് കൊടുക്കണമെങ്കിൽ ആദ്യം ആ സ്ഥലം സ്വന്തമാക്കണം ആ സ്ഥലത്ത് ഇപ്പോഴന്യജാതിക്കാരായ പലർ അവിടെ താമസിക്കുന്നുണ്ട് അവരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്ത് ആ പ്രദേശം സ്വന്തമാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് മോശ യോശുവയെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയത് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഈ കനാൻ നാട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പം അതിൻ്റെ യോശുവയുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത് അവരുടെ മുമ്പിൽ ഈ കനാൻ നാട്ടിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നിന്നത് എരീഹോ പട്ടണമാണ് എരീഹോ പട്ടണം ഈ എരീഹോ പട്ടണം അതിന് വലിയ കനത്ത ആ ചുറ്റുമതിലുണ്ട് ആർക്കും ആ മതിൽ ഭേദിച്ചുള്ളിലേക്ക് കടക്കാനായിട്ട് കഴിയുകയില്ല അങ്ങനെ വളരെ ശക്തമായ ഒരു മതിൽക്കെട്ടിനുള്ളിൽ സ്വസ്ഥമായിട്ട് കഴിയുന്ന എരിഹോ നിവാസികൾ അവർക്ക് പട്ടാളമുണ്ട് സൗകര്യങ്ങളുണ്ട് അവർ കേട്ടു ഇസ്രായേൽ എന്നൊരു ജാതി ഈ നിലയിൽ ചെങ്കടൽ പറ്റിച്ചും ഒക്കെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഇതാ ഞങ്ങളുടെ സ്ഥലം കൈവശമാക്കാനായിട്ട് വരുന്നു അവര് വളരെ തങ്ങളെ തന്നെ വളരെ സൂക്ഷിച്ചും മതിലിൻ്റെ വാതിലുകളെല്ലാം അടച്ചും അവർ ജാഗ്രതയോടെ ഇസ്രായേലിൻ്റെ നീക്കങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ ഈ എരീഹോ പട്ടണം പിടിച്ചാൽ മാത്രമേ ഇസ്രായേലിനെ കനന്നാട് ബാക്കിയുള്ള സ്ഥലങ്ങൾ സ്വന്തമാക്കാനൊക്കെ ഉള്ളൂ അപ്പം യോശുവയുടെ മുമ്പിൽ ആദ്യം ഉയർന്ന വെല്ലുവിളി എന്ന് പറയുന്നത് എരീഹോ പട്ടണം പിടിക്കുക എന്നുള്ളതാണ് എരീഹോ പട്ടണം പിടിക്കാനായിട്ട് യോശുവ ചെല്ലുമ്പോൾ യോശിയുടെ മുമ്പിലുള്ള പ്രശ്നം ഇസ്രായേൽ ജനത്തിന് വേണ്ട പോലെ യുദ്ധങ്ങൾ അറിയില്ല എങ്ങനെ ഈ വലിയ പട്ടണത്തെ പിടിക്കാൻ കഴിയും അപ്പോൾ ദൈവം അവനോടൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യേ നിയമപ്പെട്ടവോ എടുത്തുകൊണ്ട് പുരോഹിതന്മാർ മുമ്പേയും ഇസ്രായേൽ ജനം മുഴുവനും പിന്നാലെയുമായിട്ട് ഏഴു ദിവസം ഈ എരീഹോ പട്ടണത്തെ ചുറ്റി നടക്കണം ചുറ്റി നടന്ന് ഓരോ ദിവസവും ഓരോ വട്ടം ചുറ്റി നടക്കണം ഏഴാം ദിവസം ഏഴുവട്ടം ചുറ്റി നടക്കണം ഏഴുവട്ടം ചുറ്റി നടന്നതിന് ശേഷം ആ പുരോഹിതന്മാർക്ക് ആഹ്ളമൂതുമ്പോൾ ജനമെല്ലാം ആർപ്പിടണം അപ്പോഴീ പട്ടണത്തിൻ്റെ മതിലിടിഞ്ഞു വീഴും അപ്പോഴുള്ളിലേക്ക് കടന്ന് ആ പട്ടണത്തെ നിർമൂലനാശം ചെയ്യാനായിട്ട് കഴിയും എന്ന് പറയുന്നു പക്ഷെ ദൈവം അങ്ങനെ ഒരു പോം വഴി തന്നെ ദൈവം പറയുന്നു നിങ്ങൾ ഒരു കാര്യം സൂക്ഷിച്ചോണം ആ എലീഹോ പട്ടണത്തിൽ കടന്ന് ചെല്ലുമ്പം കൈവശമാക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയുള്ള സമ്പത്തും അവിടെയുള്ള ആളുകളും ആടുമാടുകളുമെല്ലാം ദൈവത്തിന് ശപദാർപ്പിതമാണ് ദൈവത്തിന് ഒരു ശപഥം കൊണ്ട് അർപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതിൽ ഒരു ഒന്നും ഈ ആരും സ്വന്തമാക്കരുത് എന്ന് പറഞ്ഞു ഇസ്രായേൽ ജനം അത് സമ്മതിച്ചു അങ്ങനെ അവര് ആ ഏഴാം ദിവസം ഏഴുവട്ടം ചുറ്റി നടന്ന് അവർ ആ പട്ടണത്തെ പിടിക്കുന്നതും പട്ടണത്തെ കൈവശമാക്കുന്നതും അങ്ങനെ ഒരു വലിയ ജയം നേടുന്നതും ഒക്കെയാണ് ആ യോശയുടെ പുസ്തകം ആറാമധ്യായത്തിൽ നമ്മളെ കാ കാണുന്നത് എന്നാൽ ഏഴാമധ്യായം എരീഹോ പട്ടണം പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് ഹായി എന്ന് ചെറിയ പട്ടണം പിടിക്കാനായിട്ട് അവർ പോവുക അപ്പോൾ യോശിയോട് ആ ദേശം നോക്കാൻ പോയവർ പറഞ്ഞു ഹായിയെ ജയിക്കാൻ രണ്ടായിരമോ മൂവായിരമോ പേര് പോയാൽ അതൊരു ചെറിയ പട്ടണമാണ് പിടിക്കാനായിട്ട് കഴിയും വളരെ വേഗത്തിൽ പിടിക്കാൻ കഴിയും എന്ന് പറഞ്ഞു എരീഹോ പിടിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഹായി ഒന്നുമല്ല എന്ന പറഞ്ഞു അങ്ങനെ യോശു ആ കുറച്ചുപേരെ അങ്ങോട്ട് ആ പട്ടണം പിടിക്കാനായിട്ട് വിട്ടു പക്ഷേ ഹായിയുടെ മുമ്പിൽ അവർ തോറ്റുപോയി തോറ്റുപോയി യോശു ആകെ ആകെ വിഷണ്ണനായി പരിഭ്രാന്തനായി ദൈവത്തിന്റെ മുമ്പാകെ വീണ് കിടക്കുന്നു ദൈവ എന്തുകൊണ്ട് നീ ഇത് ഹായിയെ പിടിക്കാൻ ഞങ്ങളെ അനുവദിച്ചില്ല ദൈവമപ്പോ അതിൻ്റെ കാരണം പറയുന്നു നിങ്ങൾ നേരത്തെ എലീഹോ പട്ടണം പിടിക്കാൻ പോയപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അവിടെയുള്ള ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ നിങ്ങളിൽ ഒരുവൻ അവിടെ നിന്ന് ശബദാർപ്പിത വസ്തുക്കൾ ആ ദൈവത്തിനായിട്ട് അർപ്പിക്കപ്പെട്ട ഒരു ശബദം കൊണ്ട് അർപ്പിക്കപ്പെട്ട അവിടുത്തെ വസ്തുക്കൾ ഒരുവൻ സ്വന്തമാക്കിയിരിക്കുന്നു അങ്ങനെ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഹായി പട്ടണത്തിന് മുമ്പാകെ തോറ്റുപോകാൻ അനുവദിച്ചത് എന്ന് പറയുന്നു ഉടനെ ഇസ്രായേൽ മക്കളെ ഇത് തെറ്റ് ചെയ്തത് എന്ന് നോക്കുമ്പോൾ അവസാനം ആഘാൻ എന്നൊരുവന് ചീട്ട് വീഴുന്നു ആഘാനോട് ചോദിക്കുന്നു ആഘാനെ നീ എന്ത് ചെയ്തു ആഘാൻ പറഞ്ഞു ഞാന് അവിടെ ചെന്നപ്പം ഒരു ബാബുലോന്യേലങ്കിയും ഇരുന്നൂറ് ശേഖൽ വെള്ളിയും അമ്പത് ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകെട്ടയും അവിടെ കണ്ടു മോഹിച്ചു എടുത്തു അത് ഞാൻ എൻ്റെ കൂടാരത്തിന്റെ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആഖാൻ അങ്ങനെ ദൈവത്തിൻറെ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് യോശുവ ആഖാനേയും അവന്റെ ആൾക്കാരെയും എല്ലാം ഈ കൊണ്ടുവന്ന് തീ തീവച്ചും കൊല്ലുന്നു അങ്ങനെ അവരെ കൊന്ന ആ സ്ഥലമാണ് ആഘോർ കണ്ടോ ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും നാണംകട്ട ഒരു താഴ്വര ആ താഴ്വരയുടെ പേരാണ് ആഘോ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചതിൻ്റെ ഓർമ്മ വരുത്തുന്ന സ്ഥലം അതുപോലെ തന്നെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മ നൽകുന്ന സ്ഥലം തങ്ങള് ഹായി പോലൊരു ചെറിയ പട്ടണത്തിനു മുൻപാകെ തോറ്റുപോയി എന്നുള്ളത് കാണിക്കുന്ന സ്ഥലം ഓ പൊൻകട്ടിയും ബാബിലോന്യമേലങ്കിയും ഒക്കെ കണ്ടപ്പോൾ ദൈവത്തെ തിരസ്കരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ സ്വയം തെളിയിച്ച അത്തരം ഒരു താഴ്വര കൂടെയാണ് ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ആഘോർ താഴ്വര ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം ആഘോ താഴ്വര എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ നാണക്കേടിൻ്റെ ഇസ്രായേലിൻ്റെ പരാജയത്തിൻ്റെ ഇസ്രായേലിൻ്റെ അവിശ്വസ്തയുടെ താഴ്വരയാണ് ആഘോർ താഴ്വര ഈ ആഘോർ താഴ്വര നമ്മൾ ഈ പുസ്തകം ഏഴാം അധ്യായത്തിൽ വായിച്ചത് ഇന്ന് വരെ അവിടെ ഒരു വലിയ കൽക്കുന്നുകൂട്ടി ആ ആഘോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു പ്രിയപ്പെട്ട ഒരു പുസ്തകത്തിലേക്ക് മടങ്ങി ഇവിടെ വർഷങ്ങൾക്ക് ശേഷം ഹോഷിയ പ്രവാചകൻ പറയുന്നു ഈ ആഘോർ താഴ്വരയിൽ തന്നെയാണ് ഞാൻ പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനവിധം കണ്ടോ നാണക്കേടിന്റെ താഴ്വര പരാജയത്തിന്റെ താഴ്വര ഭീതിപ്പെടുത്തുന്ന താഴ്വര ഓ വലിയ സംഹാരത്തിൻ്റെ താഴ്വര ആ താഴ്വരയിൽ തന്നെ പ്രത്യാശയുടെ വാതിൽ തുറന്നു ഞാൻ ആഘോർ താഴ്വരയെ പ്രത്യാശയുടെ വാതിലായിട്ട് തുറന്നു കൊടുക്കും എന്ന ദൈവം ഇവിടെ പറയുന്നു ഇത് നമുക്കും വലിയ പ്രത്യാശ നൽകുന്നു വലിയ നിരാശയുടെ സമയത്തെ ഒരു വലിയ പേടിയുടെ സമയത്തെ ദൈവം പ്രത്യാശയുടെ ഒരു താഴ്വരയാക്കി തീർക്കും എന്ന വലിയ നൽകുന്നതാണ് ഈ ആഘോർ താഴ്വരയുടെ പഠനം പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചും ഇന്ന് വലിയ ഭയത്തിൻ്റെയും ഭീതിയുടെയും നിരാശയുടെയും ഒക്കെ ഒരു താഴ്വരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആഘോർ താഴ്വര പക്ഷെ ഈ ആഘോർ താഴ്വരയെ തന്നെ ദൈവം എന്തു ചെയ്യും ദൈവം അവിടെയാണ് പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്ന് തരുന്നത് നമ്മളെ ഈ ആഘോർ താഴ്വര ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പം വേറെ ഇസ്രായേലിനെ പിന്നീടും നാണം ഒരു സ്ഥലമാണിത് നമുക്കറിയാമല്ലോ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വളരെ ശക്തനായ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ ആഹാബിൻ്റെയോട് വളരെ കർശനമായിട്ട് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുകയും അങ്ങനെ ആഹാബ് ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഓടിപ്പോയി ഒളിവിൽ പാർത്ത ഒരു സ്ഥലമായിട്ട് കെരീത്ത് തോടിനെ നമ്മൾ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഏലിയാവ് ചെന്ന് താമസിച്ച ആ കെരീത്ത് തോടെന്ന് പറയുന്നത് ഈ ആഘോർ താഴ്വരയിലാണെന്നാണ് ചരിത്രകാരന്മാരും അതുപോലെ ആ ഭൂമിശാസ്ത്രം അറിയുന്ന ആളുകളും ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രം അറിയുന്നവരും പറയുന്നത് അപ്പം ഈ കെരീത്തോട്ടിലാണ് ഏലിയ പ്രവാചകൻ വന്ന് താമസിച്ചത് പക്ഷേ അവിടെ ആ കെരീത്തോട്ടിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇതാ ആ കെരീത്ത് വറ്റിപ്പോയി ഇസ്രായേലിലെ വലിയ പ്രവാചകന് അവൻ്റെ ദാഹം തീർക്കാൻ വെള്ളം കൊടുക്കാൻ കഴിയാഞ്ഞ ഒരു തോടാണ് കെരീത്തോട് ആ കെരീത്തോട് ആഘോർ താഴ്വരയാണ് ണ്ടോ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രണ്ടാമതൊരു സന്ദർഭത്തിലും ഈ ആഘോർ താഴ്വര നിരാശപ്പെടുത്തുന്ന ഒരു ചിത്രം കാഴ്ചവെക്കുന്നു എന്താണത് ഇസ്രായേലിലെ വലിയ പ്രവാചകന് അവന്റെ ദാഹം തീർപ്പാൻ വേണ്ട വെള്ളം കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു താഴ്വരയാണ് ആഘോർ താഴ്വര അല്ലെങ്കിൽ ഈ കെരീത്തുത്തോട് അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആഘോ താഴ്വരയെക്കുറിച്ച് രണ്ടു ഭാഗങ്ങൾ നമ്മൾ കാണുന്നു ആഖാൻ ആഖാനേയും കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊന്ന സ്ഥലം അതുപോലെ തന്നെ ഏലിയ പ്രവാചകന് വെള്ളം കൊടുക്കാൻ കഴിയാതെ ഏലിയ പ്രവാചകനെ അവിടെ നിന്ന് സരേഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് വിടാനിടയായ അങ്ങനെ ആ ദൗത്യത്തിൽ പരാജയപ്പെട്ട കെരീത്തോട് നിന്ന സ്ഥലം ഈ രണ്ട് കാര്യങ്ങളും നിരാശയുടെ ചിത്രമാണ് കാഴ്ചവെക്കുന്നത് അതാണ് കെരീത്തിൻ്റെ അനുഭവം പശ്ചാത്തലം ഈ കെരീത്തോട്ടിലാണ് ഈ കെരീത്തോട്ടുള്ള ആഘോത്താഴ്വരയിലാണ് ദൈവം പറയുന്നത് എന്തു ചെയ്യും ഞാൻ അവിടെ പ്രത്യാശയുടെ വാതിൽ തുറന്നു തരും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ആഘോർ താഴ്വരകൾ ഉണ്ടാകും നമ്മൾ ദൈവത്തെ പരാജയപ്പെടുത്തിയ സന്ദർഭങ്ങൾ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ച സന്ദർഭങ്ങൾ നമ്മൾ നിരാശപ്പെട്ടു സന്ദർഭങ്ങൾ നമ്മൾ പരാജയപ്പെട്ടു സന്ദർഭങ്ങൾ നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ആ നിലയിൽ അവരോട് വിശ്വസ്തത കാണിക്കാൻ കഴിയാഞ്ഞ സന്ദർഭങ്ങൾ അങ്ങനെയുള്ള പരാജയങ്ങളുടെ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണും അതിനെയൊക്കെ നമ്മൾ ആഘോർ താഴ്വര പേരിട്ട് ഇനിയും ഒരിക്കലും ആഘോർ താഴ്വരയിൽ നന്മയും വരികയില്ല എന്ന് വിശ്വസിച്ചാണോ നമ്മൾ ഇരിക്കുന്നത് എങ്കിലിതാ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാന വചനം തന്നെ ഞാൻ എന്തു പ്രത്യാശയുടെ വാതിലായിട്ട് തുറന്നു തരും നമുക്കിതൊരു വ്യക്തിപരമായിട്ട് നമുക്കൊരു നമ്മുടെ ഒരു നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ കുടുംബമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയുടെ ഒരു സന്ദർഭമായിട്ട് ഇതിനെ എടുക്കാം നമ്മൾ പരാജയപ്പെട്ടു പോയി ആഘോർ പരാജയത്തെയാണ് കാണിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടു പോയി നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കൊപ്പം വന്നില്ല നിരാശപ്പെടുത്തി ആ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നാണക്കേടാണുള്ളത് പക്ഷേ ദൈവത്തിൻ്റെ കരുണ കണ്ടോ ദൈവത്തിൻ്റെ ആ സ്വഭാവം കണ്ടോ ദൈവം ഒരു പ്രത്യാശയുടെ വാതിൽ തുറന്നു ആ ആഘോത്താഴ്വരയിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ആഘോർ താഴ്വരയെക്കുറിച്ച് പിന്നീടും ബൈബിളിലെ ചില രംഗങ്ങളിലെ കാണുന്നുണ്ട് ഏർ യശിയാവിൻ്റെ പുസ്തകത്തില് അറുപത്തിയഞ്ചാമത്തെ അധ്യായത്തില് ഈ ആഘോർ പിന്നീട് കാണുന്നത് അതിനെ വേറൊരു വലിയ താഴ്വരയോട് ചേർത്ത് സന്തോഷമായിട്ട് അതിനെ കുറിച്ച് പറയുന്നതായിട്ടാണ് നമ്മൾ ഏഷയവിൻ്റെ പുസ്തകം അറുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അറുപത്തിയഞ്ചിന്റെ പത്ത് ഏഷ്യാവ് അറുപത്തി അഞ്ചിൻ്റെ പത്ത് ഷാരോൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവുമാവും ഷാരോൻ താഴ്വര ഷാരോൻ പറയുന്നത് ഇസ്രായേലിൻ്റെ നാട്ടിലെ ഏറ്റവും ഫലഭൂയിഷ്ടവും ഏറ്റവും സൗന്ദര്യവും ഉള്ളതുമായ ഒരു താഴ്വരയാണ് ഷാരൂൻ പലരും അവരുടെ സഭകൾക്ക് പോലും ഷാരോൻ എന്ന് പേരിടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഫർട്ടൈലും ഏറ്റവും ബ്യൂട്ടിഫുള്ളുമായ ഒരു വാലിയാണ് ഇസ്രായേലിലെ താഴ്വരയാണ് ഷാരൂ ആ ഷാരോൻ താഴ്വര ആടുകൾക്ക് മേച്ചിൽപ്പുറമാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞ അതിനോട് ചേർത്ത് പറയുന്നു ആഹോർ താഴ്വര കന്നുകാലികൾക്ക് ആ നിലയിൽ മേഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് കിടക്കാനുള്ള സ്ഥലമാക്കി തീർക്കും എന്ന് പറയുന്നു കണ്ടോ ഷാരോൺ താഴ്വരയോട് ചേർത്ത് തന്നെ ഒരു സന്തോഷമായിട്ടും അതിനോട് ചേർത്തൊരു പ്രശംസയായിട്ടും യേശയവ് പറയുകയാണ് ആഘോർ താഴ്വര ഷാരോൻ ഷാരോൺ താഴ്വരയെക്കുറിച്ച് നമുക്കറിയാം ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഉത്തമഗീതൻ രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ ഷാരോനിലെ പനിനീർപ്പുവാണ് കണ്ടോ പനിനീർപ്പൂവ് നിൽക്കുന്ന അങ്ങനെയുള്ള താഴ്വര ഷാരോനെ കുറിച്ചെല്ലാം പോസിറ്റീവായിട്ട് മാത്രമാണ് ദൈവവചനത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ആ ഷാരോൻ താഴ്വരയോട് ചേർത്താണ് ഇവിടെ ഇതാ ഇവിടെ യഷയാവിൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ആഘോർ താഴ്വരയെ കുറിച്ചും നമുക്ക് ഇതൊരു വലിയ ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ നൽകുന്നത് ഒരു കാലത്ത് ആഘോ താഴ്വരയുടെ കാര്യം നോക്കിയാൽ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെ നോക്കിയാൽ അതിനെക്കുറിച്ച് നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളേ പറയാനായിട്ടുള്ളൂ ആഖാനെ അവൻ്റെ കുടുംബത്തെയും നശിപ്പിച്ച സ്ഥലം ഇസ്രായേലിലെ വലിയ പ്രവാചകൻ ഏലിയാവിന് വെള്ളം പോലും കൊടുക്കാതെ അവനെ ദാഹാർത്തനാക്കി അവിടെ നിന്ന് നിരാശയോടെ പറഞ്ഞു വിട്ട കെരീത്തോടുള്ള താഴ്വര അങ്ങനെ പരാജയത്തിൻ്റെ ചിത്രം മാത്രമുള്ള ആഘോർ താഴ്വര ഇതാ ഹോഷയുടെ പുസ്തകത്തിൽ ഇസ്രായേലിനോട് പറയുന്നു ഞാൻ അവിടെ തന്നെ പ്രത്യാശയുടെ വാതിലായിട്ട് നിനക്കിതിനെ തുറന്നു തരും എന്ന് പറയുമ്പോൾ യഷയ്യാവിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ കന്നുകാലികൾ വന്ന് മേഞ്ഞു നടന്ന് അവ കിടന്ന് തണലത്ത് കിടന്ന് അയവിറക്കി വെള്ളം കുടിച്ച് സ്വസ്ഥമായിട്ട് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു താഴ്വരയുടെ ചിത്രമാക്കി ആഘോർ താഴ്വരയെ തന്നെ യഷയ്യ പ്രവാചകൻ പറയുന്നു അതും ഷാരോനിലെ പനിനീർപ്പുവ് പനിനീർപ്പുവും അതുപോലെ തന്നെ ഫലഭൂയിഷ്ടതയും കൊണ്ട് പ്രശസ്തമായ ഷാരോൺ താഴ്വരയോട് ചേർത്ത് ഷാരോൺ താഴ്വരയിൽ ആടുകളുടെ മേച്ചിൽ പുറമാണെങ്കിൽ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടാം ഞാൻ പറഞ്ഞു വന്നത് ഒരേ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ആഘോർ താഴ്വരയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്കും വലിയ പ്രത്യാശ നൽകുന്നുണ്ട് എന്താ പ്രത്യാശ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരു ദയനീയമായി പരാജയപ്പെട്ടു പോയ സന്ദർഭങ്ങൾ ഉണ്ടാവാം പക്ഷേ ദൈവം നമ്മളിലുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല ദൈവം നമ്മളെ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഒരിക്കൽ ഒരാളോട് തെറ്റായിട്ട് പെരുമാറിയ അതേ സ്ഥലത്ത് തന്നെ നമ്മളവിടെ അനുദപിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ അത് തന്നെ നമ്മുടെ ഒരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമാക്കി തീർക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു ഒരു സന്ദർഭം പക്ഷെ അവിടെ നിന്ന് ഒളിച്ചു അവിടെ തന്നെ നിന്ന് അനുദപിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ ദൈവം അതിനെ പുതിയ പ്രത്യാശയുടെ വാതിൽ അവിടെ തന്നെ തുറന്നു തരും നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ സഹോദരങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആഘോ താഴ്വരയിൽ നിന്ന് നമ്മളൊരു പാഠമെടുത്ത് അതേ സ്ഥലത്ത് തന്നെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് അവരോട് നിരന്ന് ഒരു നല്ല ബന്ധത്തിലേക്ക് വന്നാൽ അവിടെ തന്നെ ഒരു പ്രത്യാശയുടെ ഒരു വാതിൽ അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാക്കി അതിനെ തീർക്കും ഇന്നാളുകളൊക്കെ അവരുടെ കഴിഞ്ഞ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയും എവിടെയെങ്കിലും ക്രമീകരണം വരുത്തണമെങ്കിൽ അങ്ങനെ ക്രമീകരണം വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ഈ സമയത്തെ ആ നിലയിൽ എടുക്കാം അതുപോലെ നിരാശയുടെയും പേടിപ്പെടുത്തുന്ന ഈ സന്ദർഭത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ആഘോർ താഴ്വരയെ ദൈവം പ്രത്യാശയുടെ വാതലായി തുറന്നു തന്ന ദൈവം നമ്മളെയും മുന്നോട്ട് നടത്തും ഈ നിരാശയുടെ താഴ്വരയിൽ തന്നെ ദൈവം പ്രത്യാശിയുടെ ഒരു വാതിൽ തുറന്നു അനേകം കന്നുകാലികൾ മേഞ്ഞു നടന്ന് അവിടെ വന്ന് അയവിറക്കി അങ്ങനെ അനുഗ്രഹീതമായ ഒരു സ്ഥലമായി നമ്മുടെ പരാജയത്തിൻ്റെ ഇതേ സ്ഥലത്തെ തന്നെ വിജയത്തിൻ്റെ ഒരു സ്ഥലമായി അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമായും ദൈവം തീർക്കും ആകെ വേണ്ടത് നമ്മളെവിടെ നിന്ന് ഒളിച്ചുകൂടാതെ ഈ ഇതേ സ്ഥലത്ത് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തോട് ഒരു ചെയ്ത് അവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്യും അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് അതേസമയം തന്നെ അവിടുന്ന് ഓം നീ പൊട്ടൻറ്റായ ദൈവമാണ് ദൈവത്തെ കഴിയാത്ത കാര്യമുണ്ടോ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ദൈവത്തെ വിശ്വസിക്കാം നമുക്ക് മുന്നോട്ട് പോകാം